മനുഷ്യ തീർച്ചയായും അള്ളാഹു സുബഹാനഹുവത്ത ആലായുടെ വാഗ്ദാനം സത്യമാണ് അതിനാൽ ഐഹിക ജീവിതം നിങ്ങളെ വഞ്ചിക്കരുത് വഞ്ചകനായ പിശാജ് അള്ളാഹു സുബഹാനഹൂവത്ത് അലായുടെ പേരിൽ നിങ്ങളെ വഞ്ചിക്കുകയും